അപ്പൊ അഹം എന്നുള്ള വൃത്തി അവിടെ അഖണ്ഡത്തിനോട് ചേർന്നു പോയി ഈ അല്പമായ ശരീര മനസ്സിന് വെച്ചുകൊണ്ട് ഞാൻ ഞാൻ ഞാൻ എന്ന് പാട്ടുപാടുന്നില്ല അനഹംവാദി ഈ കർമ്മം കർമ്മത്തിന്റെ പെർഫെക്റ്റ് യോഗി ആരാണെന്ന് വെച്ചാൽ ഒന്നിനോടും സംഘബദ്ധനല്ല ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് അയാളുടെ ഉള്ളില് ലിമിറ്റേഷൻ ഇല്ല എന്നുവെച്ചാൽ അങ്ങനെ ആവുമ്പോൾ സാധാരണ എന്താ ഒരു പ്രവൃത്തി എടുക്കാതെ ഏകാന്തത്തിൽ പോയി അങ്ങനെയാണ് പൊതുവെ നടക്കുക ഇതിപ്പോ ഭഗവാൻ ഒരു പുതിയ കാര്യമാ പറയണത് ഇയാള് സംഘമില്ല എന്നുവെച്ചാൽ ഇയാൾക്ക് ഒന്നും വേണമെന്നില്ല ഒന്നും ആയിത്തീരണം എന്നുള്ള ആഗ്രഹമില്ല ഇയാളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യം ഇയാളുടെ സൈക്കോളോജിക്കൽ ഗോൾ ഇയാൾക്കില്ല ഫിസിക്കൽ ഗോൾ ഇയാൾക്കില്ല പേഴ്സണൽ ഗോൾ ഇയാളുടെ ഉള്ളിൽ ഇല്ല കൃതകൃത്യനായിരിക്കണോ അങ്ങനെ ഇരുന്നു കൊണ്ട് അഭിമാനം ഇല്ലാതെ എന്നാൽ ശരി പറഞ്ഞ നിശ്ച നിശ്ചിന്തനായിട്ട് ഒരിടത്ത് ഇരിക്കുന്നു അങ്ങനെയല്ല ധൃതി ഉത്സാഹ സമന്വിത നല്ല ട്രമെൻഡസ് വിൽ പവർ അയാളുടെ ഉള്ളിൽ പ്രകാശിക്കണം ഒരു ശങ്കരാചാര്യർ അദ്ദേഹത്തിന് എന്ത് പ്രയോജനത്തിനാണ് ആ മുപ്പത്തിരണ്ട് വയസ്സിന്റെ ഉള്ളിൽ ഭാരതത്തിന്റെ ഈ കോണ് മുതൽ ആ കോണ് വരെ നടന്നത് അല്ലെ ആരെങ്കിലും ശങ്കരാചാര്യർക്ക് വല്ല അവാർഡ് കൊടുത്തോ നിങ്ങളുടെ വിവേക ചൂടാമണിക്ക് ഞങ്ങളിത് ആ സാഹിത്യ അക്കാദമി അവാർഡ് തരണു എന്നെ കൊടുത്തോ എന്തൊക്കെയോ പത്മഭൂഷൺ പത്മവിഭൂ വിഭൂഷൺ വിഭീഷൺ എന്തൊക്കെയോ കൊടുക്കണ്ട എന്തെങ്കിലും കൊടുത്തോ അതോ കൊടുക്കാൻ നമുക്ക് യോഗ്യത ഉണ്ടോ കൊടുക്കണമേർക്ക് അതിനേക്കാളും അല്ലേ അതിനെ തീരുമാനിക്കേണ്ട യോഗ്യത വേണമല്ലോ അല്ലോ അതാരെങ്കിലും കൊടുത്തോ എന്തെങ്കിലും കിട്ടിയോ കിട്ടി കുറെ ശരീരം ക്ഷീണിച്ചു പോയി പലവിധ വ്യാധിയൊക്കെ ശരീരത്തിൽ വന്നിണ്ടാവും മഹാത്മാക്കൾക്ക് സംഭാവന നമ്മൾ കൊടുക്കുന്നത് അത് നടന്നു നടന്നു നടന്നു നടന്നു പ്രവർത്തിച്ചു ജനിച്ച നാട്ടിൽ തന്നെ കിട്ടിയത് കുറെ ചീത്ത പേരും ഇപ്പോഴും വായ തുറന്ന ചീത്ത വിളിക്കും ഇവിടെ അല്ലേ അത് ശങ്കരാചാര്യർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ദക്ഷിണ സംഭാവന പക്ഷെ അതൊന്നും പ്രശ്നമല്ല നാം ഇണ്ടാതെ പോയിട്ട് ഈ ലോകത്തിന് വേണ്ടി നമ്മൾ എന്തിനാ ചെയ്യണം നമ്മൾ സുഖമായിട്ട് പോയി ഗുഹയിലിരുന്ന് അങ്ങനെയുള്ള യോഗികളുണ്ട് ഭർത്തൃഹരി പറഞ്ഞു ധന്യാ നാം ഗൃഹകന് ഗിരികന്ദരേഷു വസതാം ജ്യോതിഷ്പരം ധ്യായതാം ആനന്ദാശ്രുക്കണാൻ പിബന്തി ശകുനാഹ നിശങ്ക മങ്കേശയാഹ ഏകാന്തമായി ഒരു ഗിരിഗുഹയില് ഇരിക്കണോ കണ്ണിൽ നിന്നും ആനന്ദാശുരം അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണിന്ന് ആനന്ദാശ്വരം വീഴുമ്പോ അത് കുടിക്കാനായിട്ട് കുരുവികളൊക്കെ മടിയിൽ വന്നിരിക്കണമെന്ന് അങ്ങനെ ഇരുന്നോടെ ഇരുന്നൂടായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ഉള്ളില് ഒരു മഹാശക്തി പ്രവേശിച്ച് ലോകാനുഗ്രഹത്തിനായിട്ട് ആ ശരീരത്തിനേം കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചു ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി എന്ന് പറയണമല്ലോ ഒരു വലിയ इच्छा അതിനെ പിടിച്ചു എന്നിട്ട് അത് ചെയ്യേണ്ട പ്രവർത്തി മണ്ഡലത്തിലുള്ള ജ്ഞാനമായിട്ട് അത് മാനിഫെസ്റ്റായി ഡൈനാമിക് ആയിട്ട് പുറത്ത് ആക്ഷൻ ആയിട്ട് പുറത്ത് വന്നു ഇതാണ് ലളിതാ സഹസ്ത്രനാമത്തിൽ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി കാമസ്തഗ്രേ സമവർത്ത ആ കാമെന്ന് പറഞ്ഞാൽ അവിടെ ഡിസയർ അല്ല ഇച്ഛ്വരന്റെ ഇച്ഛ അവിടെ ഉള്ളിൽ മാനിഫെസ്റ്റായി പിന്നെ അറിവ് അറിവായിട്ട് അത് തോന്നി പിന്നെ അങ്ങോട്ട് കർമ്മമായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് പ്രവഹിച്ചു അനുഗ്രഹമായി കിട്ടും ലോകത്തിന് അനുഗ്രഹമായിട്ട് അത് പ്രവർത്തിച്ചു ധൃതി നല്ല വിൽ പവറോടുകൂടെ അത് അവരുടെ വില്ലല്ല ഇറ്റ് ഈശ്വരന്റെ ഇച്ഛാശക്തി അത് പ്രവർത്തിച്ചു ഗാന്ധിജി പോലും പറയണ്ട് ഈ സ്വാതന്ത്ര്യ ഞാൻ ഇച്ഛിച്ചു പ്രവർത്തിച്ചതല്ല ഏതോ ഒരു ശക്തി എന്നെ പിടിച്ച് അതിൻ്റെ നടുക്കിട്ടിട്ട് എന്റെ ഉള്ളിലും കയറി ഇരുന്ന് ചെയ്യിപ്പിച്ചു പല ഡിസിഷനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അല്ലാന്നു അത് ഇറ്റ് വിൽ കം ഫ്രം സംവെയർ ഒരു നിശ്ചലതയിൽ ഉള്ളിൽ ആ ഡിസിഷൻ വരും അത് എക്സിക്യൂട്ടാവും നടന്നു അദ്ദേഹത്തിന്റെ ആക്ഷനെ കുറിച്ച് നമുക്ക് കുറ്റം പറയാമല്ലേ പെർഫെക്റ്റ് ആണോ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് എന്തായി എന്നൊക്കെ ചോദിക്കാം അഥവാ സ്വാതന്ത്ര്യ കാലത്ത് തന്നെ അദ്ദേഹത്തിന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കാം വിഭജനം നടന്നും ഒക്കെ ശരിയാണ് അതിന് ഗാന്ധിയുടെ ഉത്തരം പറയണത് ഇതൊന്നും ഞാൻ ആളല്ല ഞാൻ ഇതിന്റെ നടുവിലൊരു കാരണം മാത്രമാണ് ഇതിനുള്ള കൺഫ്യൂഷൻ കയോസ് ഇതൊക്കെ ലോകത്തിൽ മാറിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലോകസ്ഥിതി ഉണ്ടാവാന്നുള്ള ഭാവനയിൽ ചെയ്യാൻ പറ്റുള്ളൂ ആ വ്യക്തിക്ക് എന്ത് കർമ്മമോ ആ മണ്ഡലത്തില് ഒരു ഇച്ഛാശക്തി കയറിയിരുന്നു മിണ്ടാതിരുന്നതേ ഇല്ല അധൃത്തി ഉത്സാഹ സമന്വിത വിൽപവറോട് കൂടെ ഉത്സാഹത്തോടുകൂടെ താൻ ചെയ്യേണ്ടത് എന്താന്ന് ചെയ്തു അതിന്റെ റിസൾട്ടിനെ കുറിച്ച് യാതൊരു വിഷമവും ഇല്ല എന്നാണ് ജയിച്ചോ തോറ്റുവോ പഴയ കാലത്തുണ്ട് ജയതോൽവിയെക്കുറിച്ച് യാതൊരു വിഷമവും ഇല്ലാതെ പത്താം ക്ലാസ് പത്ത് വർഷം എഴുതികൊണ്ടേയിരിക്കും വിടുകയില്ല അവര് സിദ്ധ്യ സിദ്ധ്യോഹ നിർവികാരാണ് ഇത് സിദ്ധിച്ചാലും ശരി സിദ്ധിച്ചിട്ടില്ലെങ്കിലും ശരി കിട്ടിയാലും ശരി കിട്ടിയിട്ടില്ലെങ്കിലും ശരി ഒരു വികാരമില്ലാതെ അവര് ചെയ്യേണ്ട ധർമ്മം അവർ ചെയ്തുകൊണ്ടേയിരിക്കും ആരെങ്കിലും സ്തുതിക്കുന്നുണ്ടോ നിന്ദിക്കുന്നുണ്ടോ ഇതിനു അവാർഡ് കിട്ടിയോ എന്ന് അതങ്ങനെ നടക്കും ഈ ഗീത യജ്ഞം നമ്മൾ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷമായി പറയുമ്പോഴേക്കും പോയി ഇത് നമ്മൾ ആലോചിച്ചു കൊണ്ടിരുന്നാൽ വലതൊക്കെ ചെയ്യാൻ പറ്റുമോ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ വലതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതിന് നാളെ എന്ത് റിസൾട്ട് വരും എത്ര പേര് വന്ന് കേൾക്കും അപ്പൊ കേൾക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളിൽ ഓരോരുത്തരെയും കുറിച്ച് എത്ര കണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി ഇന്നത്തോടെ ഇത് നിർത്തിക്കളും അതൊക്കെ ഈശ്വരന്റെ ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ അന്തറിയാമിയായിട്ടിരിക്കുന്ന ഭഗവാന്റെ ഡിപ്പാർട്ട്മെന്റ് എന്തറിയണോ അറിഞ്ഞു ചിലപ്പോ നല്ല അവിടുന്നായിട്ട് വന്ന അനുഗ്രഹം ഉണ്ടാവും ചിലരുടെ ഉള്ളിൽ ആനന്ദവും നിറവും കാണുമ്പോ ഒരു സന്തോഷം അത് എതിർച്ചയാ നമ്മളായിട്ട് പോയി അന്വേഷിക്കാനൊന്നും പാടില്ല അതായിട്ട് റിവീൽ ചെയ്യുമ്പോ ഭംഗി ഇങ്ങനെ ആളുകൾ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ ഭഗവാൻ ഭഗവാന്റെ കർമ്മം നടത്തുന്നു അല്ലേ ഇതൊക്കെ നമ്മളുടെ കർമ്മം ഒന്നുമല്ല ഈശ്വരന്റെ കർമ്മമാണ് ഒരിക്കല് തിരുവണ്ണാമലയില് ഞാൻ പലവട്ടം ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല തിരക്ക് ഭയങ്കര തിരക്ക് ഗിരിപ്രദക്ഷിണം പൗർണമി അപ്പോ ഇത്ര ആളുകൾ അവിടെ ഒന്നും മുമ്പ് വരുക പതിവേ ഇല്ല ഇല്ലാത്ത സ്ഥലത്ത് പെട്ടെന്ന് ഒരു തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകള് പൗർണമി ദിവസം പ്രദക്ഷണം അപ്പൊ ഞങ്ങൾ അവിടെ തിരക്കില്ലാത്ത ദിവസങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ഈ തിരക്ക് കണ്ടപ്പോൾ ഒരു വിഷമം അപ്പൊ ഇങ്ങനെ ഒരു നാലഞ്ച് പേരായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ആശ്രമത്തിലേക്ക് പോവാ ഇത്ര ആളുകൾ വരുന്നു ഇവർക്കൊക്കെ പോവോ ഇതിന്റെ ഇടയിൽ ഈ ജ്ഞാനമോ ഈ ജ്ഞാനക്ഷേത്രത്തിൽ വന്നിട്ട് ഇത് ജ്ഞാനമോ അല്ലെങ്കിൽ ഈ ഉപദേശം രമണ മഹർഷിയുടെ ഉപദേശമൊക്കെ ആർക്കെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമോ എന്തോ വരുന്നു തിരക്കിന്റെ ഇടയിൽ പോകുന്നു പ്രദക്ഷിണം ചെയ്തിട്ട് പോകുന്നു ഇതൊക്കെ അറിയാനൊരു സന്ദർഭം ഉണ്ടാവുമോ ആശ്രമത്തിലുള്ള സമാധാനവും പോയി ഒരേ തിരക്ക് ബഹളം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോയി നമ്മളാശ്രമത്തിനുള്ളിൽ പോകുമ്പോ അവിടെയും ഉണ്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേര് മഹർഷിയുടെ സന്നിധി ആ സമാധിയുടെ മുമ്പിലും കുറെ പേരുണ്ട് അതിൽ കുറെ ആളുകൾ അവിടെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കേണ്ട ആ തിരക്കിന്റെ ഇടയിൽ കൂടിയും നമുക്ക് അപ്പോ മഹർഷിയുടെ സന്നിധിയിൽ സമാധിയിൽ ഞാൻ നിന്നിട്ട് ഒന്ന് നമസ്കരിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തു വരുമ്പോ ഒരു പത്തി ഇരുപത്തിയഞ്ചു വയസ്സുണ്ടാവും ഒരു ചെറുപ്പക്കാരൻ ധ്യാനിച്ചോണ്ടിരിക്കണോ ഇവിടെ കണ്ണടച്ച് എഴുന്നേറ്റിട്ട് എന്റെ പുറകെ വന്നു പുറകെ വന്നിട്ട് പറഞ്ഞു മഹർഷിയുടെ ഉപദേശം ബ്രഹ്മഹർഷിയുടെ ഉപദേശം എന്താണ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ അപ്പോ നാച്ചുറൽ ആയിട്ട് ഞാൻ വിചാരിച്ചു ഇയാൾ എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവണം കേട്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഈ ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ ഇയാൾ എന്നെ കണ്ടുപിടിച്ചിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും നടക്കണമില്ല എല്ലാവരുടെ കൂട്ടത്തിലേ ഉള്ളൂ അപ്പൊ ഇയാൾ എന്റെ പുറകെ വന്നു ചോദിച്ചു ഞാൻ ഒരു അഞ്ച് മിനിറ്റ് അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്നെ നിങ്ങൾക്ക് എങ്ങനെയാ അറിയാമെന്ന് ചോദിച്ചു അയ്യോ നിങ്ങളെ എനിക്കറിയില്ലല്ലോ അപ്പൊ എന്ത് എന്റെ പുറകെ വന്ന് ചോദിച്ച് എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ കാരണം എന്താ അയാള് പറഞ്ഞു നമ്മള് കേട്ടാ നമുക്ക് തമാശ തോന്നും പക്ഷെ ഏതിലൂടെ വേണമെങ്കിലും നടക്കാന്നുള്ളതിനൊരു ദൃഷ്ടാന്താണ് നാഡീ ജ്യോത്സ്യം നോക്കിയത്രേ അപ്പൊ ജ്യോത്സ്യന്റെ അടുത്ത് പല കാര്യം ചോദിക്കുന്നതിൻ്റെ നടുവിൽ എനിക്ക് അധ്യാത്മമായിട്ട് രുചിയുണ്ട് എനിക്കൊരു ഉപദേശം കിട്ടുവോ ചോദിച്ചോത്രെ അപ്പൊ ആ ജ്യോത്സ്യം പറഞ്ഞു ഓരോ പൗർണമിക്ക് മൂന്ന് പൗർണമി തിരുവണ്ണാമലയിൽ പോയി പ്രദക്ഷിണം ചെയ്യ രമണ മഹർഷിയുടെ സമാധിയിൽ ഓരോരു പ്രാവശ്യം പോകുമ്പോഴും ധ്യാനിക്കുക മൂന്നാമത്തെ പൗർണമയ്ക്ക് കണ്ണടച്ചിരുന്ന് കണ്ണു തുറക്കും മുമ്പിൽ ആരെ കാണുന്നു അവരോട് പോയി ചോദിക്കാം ഇത് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാതെ എങ്ങനെ ഇരിക്കും ഞങ്ങൾ അപ്പോഴാണ് ഈ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഈ തിരക്കിന്റെ ഇടയിൽ ആർക്കെങ്കിലും കിട്ടുമോ എന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മളോട് പറയണ പോലെയാണ് എല്ലാ കൺഫ്യൂഷന്റെ നടുവിലും എന്റെ ഡിപ്പാർട്ട്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് നടക്കട്ടെ എല്ലാ കൺഫ്യൂഷൻ കയോസിന്റെ നടുവിലും കിട്ടേണ്ടവർക്ക് കിട്ടേണ്ടത് കിട്ടും വേണ്ട അറിവ് കിട്ടും അവർക്ക് ബോധനം നടക്കും എല്ലാം നടന്നുകൊണ്ട് നമ്മൾ ഈ കയോസ് മാത്രമാണ് നോക്കുന്നത് നമ്മൾ ഇതിനെ ഓർഡർ ആക്കണം നോക്കണു നമ്മൾ ഓർഡർ ഉണ്ടാക്കിയാൽ കുഴപ്പമാവും പ്രകൃതിയുടെ ഡിസോർഡറിന്റെ പുറകിലൊരു ഓർഡർ ഉണ്ട് ആ ഓർഡറിനെ കണ്ടുമിണ്ടാതിരിക്കണം ഈശ്വരന്റെ കയ്യിൽ യന്ത്രമായിട്ടിരിക്കണം മഹാ മഹാശക്തിയുടെ കയ്യിൽ ഒരു യന്ത്രമായിട്ടിരുന്നാൽ ഒരു പ്രത്യേകമായ ഒരു ധൃതി ഒരു ഉത്സാഹം ഒരു എനർജി ഒരു ഊർജ്ജം നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും അത് നമ്മളുടെയല്ല ഈശ്വരന്റെയാണ് ആ പ്രവൃത്തി തന്നെ നമുക്ക് ആനന്ദമായിട്ടിരിക്കണത് കൊണ്ട് അതിൽ റിസൾട്ട് എന്ത് വന്നു നമുക്ക് പ്രശ്നമേ അല്ല റിസൾട്ടിനെ അന്വേഷിക്കുന്നവന് പ്രവൃത്തിയിൽ ആനന്ദമില്ലാത്തപ്പോഴാണ് റിസൾട്ടിനെ അന്വേഷിക്കുന്നത് അല്ലേ ഒരു ത്യാഗരാജസ്വാമികൾ ശരഭോജി രാജാവ് കഴുത്തിൽ ഒരു നെക്ലസ് കൊടുത്തപ്പോൾ കരഞ്ഞു സംഗീതജ്ഞാനമോ ഭക്തി വിനാ സന്മാർഗമോ ഗണതേവോ മനസാമോ ഭക്തി ഇല്ലെങ്കിൽ ഇത് സന്മാർഗത്തിന് പ്രയോജനപ്പെടുമോ ഇതിനു ഞാൻ പാടിയത് എന്ന് ചിലർ റെക്കഗ്നിഷൻ കിട്ടിയില്ലെങ്കിൽ സ്യൂസൈഡ് ചെയ്ത് കളിയും എന്താന്ന് വെച്ചാൽ അവര് വിചാരിച്ചിരിക്കുന്നത് ഈ ലോകത്തുനിന്ന് കിട്ടുന്ന റെക്കഗ്നിഷൻ ആണ് ഇതിന്റെ റിസൾട്ട് ഇഫക്റ്റ് ഫ്രൂട്ട് നമ്മളുടെ ഉള്ളിൽ ആനന്ദമില്ലാതെ ആവുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ റെക്കഗ്നീഷൻ വേണമെന്ന് ആശിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ ആനന്ദം നമ്മൾ ചെയ്യണത് എന്താന്ന് വെച്ചാൽ നമുക്ക് തന്നെ ആനന്ദാണ് നമുക്ക് തന്നെ തൃപ്തിയാണ് സിദ്ധി അസിദ്ധി എന്ന് വെച്ചാൽ റിസൾട്ട് റിസൾട്ട് വരാതിരിക്കുക ഇതൊക്കെ അതിലൊന്നും ഒരു വികാരവും ഇല്ലാതിരിക്കുന്നവനുണ്ടല്ലോ അവൻ പൂർണനാണ് അവന്റെ കർമ്മം സാത്വികമാണ് അങ്ങനെ ചെയ്യാനുള്ള ഒരു മുഖ്യമായ ഹേതു ശങ്കരാചാര്യർ പറഞ്ഞു കേവലം ശാസ്ത്രപ്രമാണ പ്രയുക്തോ ന ഫലരാകാതിനായ സ നിർവികാര ഉച്ച ശാസ്ത്രം പറയണത് ചെയ്യും അല്ലാതെ തന്റെ ബുദ്ധിക്ക് തോന്നുന്ന കാര്യമൊന്നുമല്ല ശാസ്ത്രപ്രമാണത്തിനനുസരിച്ച് ശാസ്ത്രം എങ്ങനെ ചെയ്യുന്നതും ചെയ്യും അതാണ് പഴയ ആളുകളുടെ വഴി ഇതൊന്നും എനിക്കറിയില്ല ശാസ്ത്രം പറയണു അതോടെ കഴിഞ്ഞു അതിൽ തന്റെ മനസ്സ് തന്റെ മോട്ടിവേഷൻ തന്റെ ഡിസയർ അതിനകത്ത് വരാതിരിക്കും നിർവികാരത്വിക ഉച്ച ഇനി അടുത്തത് നോക്കൂ രാഗീ കർമ്മഫലപ്രേപ്സുഹു ുബ്ധോ ഹിംസാത്മകോ ശുചി ഹർഷശോകാവി കീർത്തി രാഗി ഭയങ്കരമായ അറ്റാച്ച്മെന്റ് ഉള്ളവൻ അയാളുടെ മനസ്സെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കൊണ്ട് കളേഡാണ് കർമ്മഫലപ്രേപ്സുഹു കർമ്മത്തിനേക്കാളും അയാളുടെ ഇൻട്രസ്റ്റ് മുഴുവൻ ഫലത്തിലാണ് എന്ത് കിട്ടും അവകാശങ്ങൾ അവകാശങ്ങൾ അവകാശങ്ങൾ നേടിയത് നമ്മുടെ കയ്യിൽ അവകാശമല്ല എന്തു ഇതാണ് ചിന്ത കർമ്മഫലപ്രേപ്സുഹു ുധ ആർക്കൊന്നും കൊടുക്കില്ല സാധിക്കുമെങ്കിൽ ഹിംസ ചെയ്യാൻ തയ്യാറാണ് അശുചിഹി അയാൾക്ക് ശൗചമില്ല മനസിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ശൗചം അയാൾക്കില്ല തിരി എന്തെങ്കിലുമൊക്കെ കിട്ടിയ ഹർഷം ഒരേ എക്സൈറ്റ്മെന്റ് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ ശോകം ഇങ്ങനെയുള്ള ആളെ രാജസഹ് അയാൾ ഇങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് അയാള് രാജസഫ് പരിക്കീർത്തി രാജസഫ് പരി കീർത്തി ശങ്കരാചാര്യൊരു കാര്യം പറഞ്ഞു ധനം ധാരാളം ശേഖരിച്ചു വെച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ത് ചെയ്യുന്നു പക്ഷേ ത്യാ എന്തിനാന്ന് വെച്ചാൽ യാഗം ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഇത് വിഭജിച്ച് അങ്ങോട്ട് കൊടുക്കാനായിട്ട് രാമൻ മുതലായിട്ടുള്ളവരും ഒക്കെ തന്നെ ചെയ്തു യാഗം ചെയ്തിട്ട് എന്താ ചെയ്തെന്ന് എല്ലാം അങ്ങോട്ട് കൊടുത്തു തീർക്ക എക്സ്ട്രാ കയ്യിലുള്ളതിനെ കൊടുക്കാൻ ഒരു വഴി അതങ്ങട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു സമാധാനം അതാണ് നചികേതസ് അച്ഛൻ ആഗ്രഹത്തോടു കൂടെ യാഗം ചെയ്ത് ഒന്നും ശരിക്കും കൊടുക്കണില്ല എന്ന് കണ്ടപ്പോ ചെന്ന് ചോദിച്ചു ആ കുട്ടി അച്ഛനോട് എന്താ ഇങ്ങനെ എല്ലാം കൊടുക്കേണ്ടതല്ലേ എന്നെ ആർക്കാ കൊടുക്കാൻ പോണതെന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു ഒരുപാട് ചോദിച്ചപ്പോൾ കോപിച്ച് യമന് കൊടുക്കാൻ പോണു അങ്ങനെയാണ് യമന്റെ സദനത്തിലേക്ക് ചെല്ലണത് അപ്പോ എല്ലാം കൊടുക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചു ത്യാഗം ത്യാഗത്തിന് യാഗം യജിച്ചു നീക്കണ് എക്സ്ട്രാ സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി നാലാൾ പുകഴ്ത്തുന്നതിന് വേണ്ടി നാലാൾ കാണുമ്പോൾ ചെയ്യുന്ന ത്യാഗുണ്ടല്ലോ അതിലാ നാലാൾ കാണുമ്പോ ഒരു സുഖം കിട്ടിയിട്ടുണ്ടല്ലോ അത് തന്നെ എന്റെ ഇഫക്ട് വാസ്തവത്തിൽ നൈവത്യാഗഫലം ലഭ്യത് ശരിയായ ത്യാഗത്തിന്റെ ഇഫക്റ്റായി ശാന്തി കിട്ടില്ല ത്യാഗാത് ശാന്തി ശാന്തി ഉണ്ടാവില്ല അപ്പൊ ഈ ലുബ്ധനായിട്ടുള്ള രാജസനായിട്ടുള്ള അവൻ എന്ത് ചെയ്യും യാഗം ഒന്നും ചെയ്യില്ല അവൻ ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി കൂട്ടി വെക്കും പല ആളുകളുണ്ട് മക്കൾക്ക് പോലും പറഞ്ഞു കൊടുക്കില്ല പണം എവിടെക്കെ ഇട്ടിട്ടുണ്ടെന്നുള്ളത് ഇവര് ചത്തുപോയി കഴിഞ്ഞാൽ ശിവശിവ മക്കള് പറയും അച്ഛന് ഇനി ശ്രാദ്ധം പോലും ഞാൻ ചെയ്യില്ല എന്നാണ് എന്താന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞു തന്നില്ല എവിടേക്കോ ഇട്ടു ഒന്നും അറിയില്ല പരപീടാസ്വഭാവ ബാഹ്യാന്ത ശൗചവർജിത മറ്റുള്ളവർക്ക് പീഡയുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കും ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ശുചിത്വമില്ലാത്തത് അശുചിഹി അങ്ങനെയുള്ള ആള് രാജസ പരിക്കീർത്തിത പെട്ടെന്ന് പെട്ടെന്ന് കോപിക്കും പെട്ടെന്ന് പെട്ടെന്ന് സന്തോഷിക്കും അവൻ രാജസനാണ് അടുത്ത ശ്ലോകം അയുക്ത പ്രാകൃത ഷോ നൈഷ്ലസാദീ ദീർഘസൂത്രീ കർ താമസ ഉച്ച അയുക്ത മനസ്സ് സംയമം ചെയയാത്തവൻ യോഗത്തിൽ ഇരിക്കാത്തവൻ അയുക്ത ഭാവന അഭാവി അശാന്തസുഖം യുക്തി എന്നുള്ള വാക്കിവിടെ യുജ് സമാധവും ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ ഒരു താളത്തിൽ നിർത്തി കഴിയുമ്പോൾ യു പുട്ട് എവ്രിതിങ് ഇൻ ഓർഡർ ുള്ളില് ഒരു പുഷ്പം വരിയുന്ന പോലെ ധ്യാനസുഖം വരിയും ശാന്തി വരിയും എല്ലാം താളത്തിലാണ് രോഗം വരുന്നത് തന്നെ ഒക്കെ അവതാളത്തിലാവുമ്പോഴാണ് വേതാളം തലകൾ ശരീരത്തിലെ ഡിസ്റ്റർബൻസ് മൈൻഡിലെ ഡിസ്റ്റർബൻസ് ഓരോ സെല്ലിൻ്റെ ഉള്ളിലും കോൺഫ്ലിക്ട് ബുദ്ധി ഒന്ന് പറയണു ശരീരം ഒന്ന് ചെയ്യണു ഉള്ളിൽ വേറെ എന്തോ തോന്നുന്നു രാമലിംഗ സ്വാമികൾ പറഞ്ഞു ഉള്ളൊണ്ട് വെത്ത് പുറമൊൻ പേശുവാർ ഉറവ് കലവാമൈ വേണ്ടും ഉള്ളിലൊന്ന് വെക്കുമ്പോൾ പുറത്തൊന്ന് പറയും ശകുനി പറഞ്ഞു ദുര്യോധനനോടോ ഈ ഭാഷ എന്തിനാണെന്നറിയോ നമ്മളുടെ ഉള്ളിലുള്ളത് പുറത്ത് പറയാ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെയുള്ളവനെയാണ് അയുക്ത എന്ന് പറഞ്ഞത് ഒരു വിധത്തിലും അയാൾക്കൊരു ഡിസിപ്ലിൻ ഇല്ല യോഗിയല്ലാത്തവൻ അങ്ങനെയുള്ള ആൾക്ക് ഭാവനയില്ല എന്ന് പറഞ്ഞു ഭാവന എന്ന് വച്ചാൽ ഒരു പ്രത്യേക ഡിഫൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ മീമാംസകര് ഡിഫനേഷൻ കൊടുത്തു ഭവത്തുഹു ഭവനാനുകൂല വ്യാപാര വിശേഷ എന്ത് ഫ്യൂച്ചറിൽ ആവാൻ പോണോ അതിന്റെ ഒരു രൂപം മുൻപ് ഇയാളുടെ ഉള്ളിലെ ഭാവനയായിട്ട് വരും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഒരു നാല് മണി നാലര മണി കഴിഞ്ഞു കഴിയുമ്പോ ഈ പക്ഷികളിങ്ങനെ ചലച്ചു തുടങ്ങും അവർക്ക് വല്ല ടൈം പീസ് ഉണ്ടോ അവർക്ക് എങ്ങനെ അറിയണോ നേരം വിളിച്ചായിന്ന് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു ബയോളജിക്കൽ ക്ലോക്ക് അവർക്ക് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു Long before the sunrise, they ലോങ് ബിഫോർ ദ സൺ റൈസ് ദ സ്റ്റാർട്ട് സിംഗിങ് ബിക്കോസ് ദീൽ ലൈറ്റ് അവർക്ക് ലൈറ്റ് കാണാൻ പറ്റില്ല പക്ഷെ ദീൽ ലൈറ്റ് അതാണോ ഭാവന ഇപ്പൊ ഭക്തി എന്ന് പറയുന്നത് അതാണ് നമുക്ക് ആത്മജ്ഞാനം ഇപ്പൊ നിങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ ഭാവന കൊണ്ടാണ് അല്ലാതെ നിങ്ങളെല്ലാരും ഈ ലക്ഷ്യം കണ്ടിട്ടാണോ വന്നിരിക്കുന്നത് ലക്ഷ്യം കണ്ടാ പിന്നെ വേണമെന്നില്ല പക്ഷേ ലക്ഷ്യം കണ്ടിട്ടില്ല ലക്ഷ്യമുണ്ട് എന്ന് ബലമായിട്ടൊരു conviction, എങ്ങനെ vannu? ആ കൺവിക്ഷൻ അതാണ് അനുഗംന്ന് പറത് ഭാവന ആ ഭാവന കുറച്ചെങ്കിലുമൊക്കെ സിസ്റ്റത്തിലൊരു ഓർഡർ വരുമ്പോഴാണ് വരണത് യുക്തി വരുമ്പോഴാണ് വരുന്നത് എന്നുവെച്ചാൽ അഭാവയുത ശാന്തി ഭാവന വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സമാധിയാണ് സമാഹിത സ്ഥിതിയാണ് ശാന്തിയാണ് ആത്മാനുഭവമാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത് ഒക്കെ ഭാവനയാണ് ഭാവന എന്ന് വെച്ചാൽ ഇമാജിനേഷൻ എന്ന് ട്രാൻസ്ലേഷൻ ചെയ്യരുത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള രൂപത്തിനെയാണ് ഭാവന എന്ന് പറയുന്നത് അത്ര ആ മണ്ഡലത്തിലാണ് ഉപാസനയൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ദേവത്തെ ഉപാസിക്കുന്നു ഭക്തി ചെയ്യുന്നു സാത്വികമായ ഭാവങ്ങൾ ഉള്ളിലുണ്ടാവുന്നു ഈ കീർത്തനങ്ങളൊക്കെ പാടിയല്ലോ ഇതൊക്കെ ഭാവനാ മണ്ഡലമാണ് ഭാവന മാത്ര സന്തുഷ്ടമാ ലളിതാസഹസനാമത്തില് ദേവിക്ക് ഒരു പേരാണ് ഭാവനാ മാത്ര സന്തുഷ്ട ഭാവനയിലാണ് വെളിയിൽ എന്തെങ്കിലും നടന്നാൽ നമ്മൾ എഫക്റ്റ് ആവില്ല ഭാവനയിൽ നടന്നാൽ എഫക്റ്റ് ആകും നമ്മൾ നേരെ റിവേഴ്സാണ് നമ്മൾ ചോദിക്കുക ശരിക്കും നടന്നോ അല്ല നിങ്ങളുടെ തോന്നലോ ചോദിക്കുക അധ്യാത്മമായിട്ട് പറയണത് ശരിക്കും എന്ന് നിങ്ങൾ പറയണ ഈ പുറത്ത് നടക്കലുണ്ടല്ലോ അത് നിങ്ങൾ എഫക്റ്റ് ആവില്ല നിങ്ങളുടെ തോന്നൽ നിങ്ങളെ എഫക്റ്റ് ആകും അപ്പോ ഈ തോന്നല് പുറത്ത് നടക്കുന്നതിനേക്കാളും റിയൽ ആണ് പുറത്തൊരു കാര്യം നടന്ന് നമ്മൾ അഫക്റ്റഡ് ആവാതിരിക്കാൻ പറ്റും ഉള്ളിൽ നടന്ന് അഫക്റ്റഡ് ആവാതിരിക്കാൻ പറ്റില്ല ഭാവനാ ആണ് മന്ദിരം അവിടെ എല്ലാ സാത്വികമായ ഭാവങ്ങളെയും വിത്തിട്ട് വളർത്തി പുഷ്പിച്ചുകൊണ്ട് വരണം അതാണ് ഭാഗവതം കേൾക്കാൻ വരുമ്പോ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചു ഭൂവി ഭാവുക്കാഹ രസികാഹ ഭുവിഹ് ഭാവുക്കന്മാരായി രസികന്മാർ വരട്ടെ എന്ന് രസിക്കാൻ അറിയണം കൊച്ചുകുട്ടികളെ പോലെ രസിക്കാൻ അറിയണം വേണ്ട കാര്യത്തിലൊന്നും ചോദ്യം ചോദിക്കാതെ ചോ വേറെ എന്തെങ്കിലുമൊക്കെ കുണ്ടാമണ്ടി ചോദ്യം ചോദിക്കാൻ പറഞ്ഞു കൊച്ചുകുട്ടികളെ പോലെ രസിക്കാൻ അറിയണം രസിക്കാഹ ഭൂവിഭാവുക്കാഹ ഭാവനയില് ഒരു സന്തോഷം ഒരു ഹൃദ്യത ഒരു ത്യാഗം ഒരു ശാന്തി ഒരു വൈരാഗ്യം ആ ഭാവന വരാൻ മൂല കാരണമെന്താ സത്വഗുണം കൊണ്ടുവരുന്ന യോഗസ്ഥിതിയാണ് യോഗം ഹയസ്റ്റ് ലെവലില് യോഗം എന്ന് പറഞ്ഞാൽ സ്വരൂപത്തിലിരിക്കലാണ് തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം താൻ തന്നിലിരിക്കലാണ് യുക്തി യോഗം എന്ന് പറഞ്ഞത് ഇവിടെ യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു മനസ്സ ഇന്ദ്രിയാണാം ചൈകാഗ്ര മനസ് ഇന്ദ്രിയങ്ങളൊക്കെ ഒരുമാതിരി സമസ്ഥിതിയിലിരിക്കുന്ന യോഗം ആ സമസ്ഥിതിയില്ലാത്ത ഡിസോർഡർ ആണ് അയുക്ത പിന്നെ പുരാകൃത പുരാകൃതൻ എന്നുവെച്ചാൽ മൃഗങ്ങളെ പോലെ ഉള്ള ആള് കണ്ടത് കണ്ടതേ അയാളുടെ ലോകം പ്രാകൃതനാണ് അയാൾ വിവേകമില്ലാത്തവൻ നോക്കൂ നമ്മൾ നാച്ചുറൽ എന്ന് പറയണു ഒരിക്കലും മനുഷ്യന് നാച്ചുറൽ ആവാൻ സാധിക്കില്ല നിങ്ങൾക്ക് നാച്ചുറൽ ആണെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ നിങ്ങൾ അനിമൽ ആവണം എന്നാലേ നാച്ചുറൽ ആവാൻ പറ്റുള്ളൂ നിങ്ങൾ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഇരുന്നുകൊണ്ട് നാച്ചുറൽ ആവണം എന്ന് പറയുന്നത് വെറും വാദമാണ് എന്താ അറിയോ നേച്ചുറാണ് മൃഗങ്ങളിലുള്ളത് അതുകൊണ്ട് അവർ ഒരിക്കലും വരമ്പ് വരമ്പ് കടന്നു പോകില്ല അവരുടെ കാമം കോപം ഒക്കെ നേച്ചറാണ് ഒരു നായ മറ്റൊരു നായ ഓടിച്ചിട്ട് അതിന്റെ ആ ബൗണ്ടറി കടന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വരുമ്പോ അതിന്റെ മുഖത്ത് നോക്കൂ മറ്റേ നായ മുഖത്ത് ഉണ്ടാവില്ല ആ ബൗണ്ടറി കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിനതിന്റെ ശത്രുതയല്ല ആ നായ ഇല്ല മുഖത്ത് അത് നായ ജ്ഞാനം കൊണ്ട് നേടിയ ശക്തിയൊന്നുമല്ല നേച്ചർ അതിനങ്ങനെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നായ ആ നായ നമ്മളുടെ ബൗണ്ടറിയിലേക്ക് കടന്നു വന്നു അതുകൊണ്ട് ഞാൻ നാളെ ഇവിടെ നിന്നും എ കെ കൊണ്ട് ആ നായെ ആ ബൗണ്ടറിയിലേക്ക് ഷൂട്ട് ചെയ്യണമെന്നൊന്നും തീരുമാനിക്കില്ല നമുക്കും ആ നായക്കുള്ള വ്യത്യാസം നായുടെ മനസ്സ് നേച്ചറാണ് മനുഷ്യന്റെ നേച്ചർ മനസ്സാണ് നേച്ചർ മനുഷ്യനിൽ വരുമ്പോ മനസ്സായിട്ട് മാറുന്നു എന്ന് വെച്ചാൽ സ്ലോലി ഇറ്റ് സ്റ്റാർട്ട് ട്രാൻസ്ഗ്രസിംഗ് ദ ലിമിറ്റ്സ് തരണം ചെയ്തു തുടങ്ങും അപ്പോഴാണ് തെറ്റുകൾ ചെയ്യണത് നേച്ചർ കൊടുത്തിട്ടുള്ള വരമ്പുകൾ കടന്നു ചാടുന്നത് ഈ കടന്ന് ചാടുന്നത് തെറ്റ് ചെയ്യണത് ഒക്കെ തന്നെ ഇയാളിലുള്ള എന്തോ ഒന്നിനെ ആവിഷ്കരിക്കാൻ നോക്കുകയാണ് അറിവ് യാൾക്ക് ഞാൻ എന്ന് തോന്നുന്നത് ഞാൻ എന്ന് തന്നെ അറിയുകയും അതിനെ വിശേഷിപ്പിക്കുകയും അതിന്റെ പേരില് ഈ ഭാവന എന്ന് പറയുന്ന ശക്തി മനസ്സായിട്ട് വിരിഞ്ഞിരിക്കുകയും ചെയ്യണം ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ അഖണ്ഡത്തിലേക്ക് പോകണം തിരിച്ച് നേച്ചറിലേക്ക് പോവാനേ പറ്റില്ല തിരിച്ച് നിങ്ങൾ നേച്ചറിലേക്ക് പോയാൽ ഒരു സന്തോഷം ഉണ്ടാവില്ല നമ്മൾ നാച്ചുറൽ ആവാൻ നമുക്ക് പറ്റില്ല ദർ ഇസ് ഓൺലി വൺ ഡോർ ഓപ്പൺ വിത്ത് ബിഫോർ യു That is to get enlightened, realize. Become one with all. ് തീരും ആത്മ സാക്ഷാത്കാരം ഇങ്ങോട്ട് പോവാനേ പറ്റില്ല നിങ്ങൾ മൃഗത്തിന്റെ ലെവലിലേക്ക് പോയാൽ മൃഗങ്ങൾ മൂക്കത്ത് വരൽ വെക്കണ പോലെ ആയിത്തരും അവർക്ക് ലിമിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ലിമിറ്റ് ഇല്ല നിങ്ങൾക്ക് ലിമിറ്റ് കൊണ്ടുവരാൻ സാധിക്കുകയും ഇല്ല അവരെ പോലെ ഇരുന്ന് നോക്കൂ സാധിക്കില്ല ഇതൊരു abaddham ഒരു അബദ്ധമൊന്നുമല്ല മനുഷ്യൻ മനുഷ്യനായിട്ട് ഇരിക്കുന്നത് അത് അത് പ്രകൃതി തന്നെ ചെയ്തതാണ് ഇനിയിപ്പങ്ങടേ പോവാനോക്കുള്ളൂ ഇങ്ങോട്ട് പോകാനൊക്കല്ല നിങ്ങള് നിങ്ങളുടെ സ്വരൂപം അറിഞ്ഞു കഴിയുമ്പോൾ അറിയാം നിങ്ങളുടെ ശരീരമല്ല മൃഗം ശരീരം മാത്രമാണ് മനുഷ്യൻ ശരീരവും മനസ്സുമാണ് ഞാനീ ശരീരവും മനസ്സും ഒക്കെ കടന്ന് അഖണ്ഡ പൂർണമായ വസ്തുവായിട്ട് തന്നെ അറിയും അതാണ് തന്റെ മുമ്പിലുള്ള ലക്ഷ്യം അതല്ലാതെ മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പ്രാകൃതനായിട്ടിരിക്കുക പ്രാകൃത ആ പ്രാകൃതനായിട്ടിരിക്കുമ്പോ സ്തബ്ധ അവന് ഹയ്യർ തിങ്സ് ഒന്നും പറഞ്ഞ് അയാളുടെ മണ്ടയിൽ കയറിയേ ഇല്ല അയാൾക്ക് ഡിസിപ്ലിൻ ഇല്ല ശീലമില്ല പ്രാകൃത ബുദ്ധിയാണ് ഈ പ്രപഞ്ചം മാത്രമാണ് അയാൾക്ക് സത്യം സ്തബ്ധുള്ളിലെ ഒരു മൗഢ്യം വന്നു അഭിമാനം വന്നു വിനയം വരില്ല അയാളുടെ ഉള്ളിലേക്ക് ഹയ്യർ തിങ്സ് പറഞ്ഞു കൊടുത്താൽ ഇടിച്ച പുളി പോലെ ഇരിക്കുമെന്നല്ലാതെ ഉള്ളിലൊന്നും കയറില്ല അങ്ങനെ ഇരിക്കും എല്ലാം കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലായില്ല പറയും എന്റെ സ്തബ എന്നു ഇതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലാട്ടോ എന്നെ കുറ്റം പറയരുത് നിങ്ങളുടെ ഗുരുവായൂരിപ്പം പറയണ കാര്യ വേണമെങ്കിൽ അവിടെ പോയി ചോദിച്ചോളാം പറഞ്ഞാലൊന്നും അനുസരിക്കില്ല എന്നാണ് ഞാൻ പിടിച്ച മയലിന് നാലുകൊമ്പ് എന്ന് പറയും ഷട്ടഹ അയാൾ എന്ത് വിഡിത്തം പറഞ്ഞാലും അത് ഉറക്ക ഉറക്കം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ പറയണതൊന്നും അയാൾക്ക് കേൾക്കുകയില്ലേ ചെവിയിൽ നല്ല പ്ലഗ് വെച്ച് അടച്ചു ശാസ്ത്രമൊന്നും അയാൾക്ക് പ്രമാണമല്ല എന്ത് ശാസ്ത്രം ഏത് പുസ്തകം ചോദിക്കുക അയാള് ഷ നൈഷ്കൃതികഹ ഒരു നന്ദിയില്ലാത്തവൻ അർത്ഥം മറ്റുള്ളവരെ അപമാനിക്കുന്നവൻ നൈഷ്കൃതികഹ മറ്റുള്ളവരുടെ പണി കേടുവരുത്തുന്ന ആള് അലസഹ മഹാമടിയൻ ഒരാൾ പറഞ്ഞു ഗീതയിലെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ശ്ലോകമാണ് പറഞ്ഞത് മൂപ്പര് എന്നോട് വാസ്തവമായിട്ട് പറഞ്ഞു ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായില്ല ഇത് കണ്ടപ്പോൾ എനിക്കിപ്പോൾ നല്ലവണ്ണം എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നൈഷ്കൃതിക അലസഹ വിഷാദി എപ്പ നോക്കിയാൽ ചില ആളുകൾക്ക് അതൊരു സിദ്ധിയാണ് ട്രാജഡി സിനിമയില് റോള് കൊടുത്ത പോലെയാണ് അവരെപ്പോഴും എപ്പ നോക്കിയാലും മുഖത്തൊരു പ്രസന്നതയെ ഉണ്ടാവില്ല അവരെ കണ്ടുകഴിഞ്ഞാൽ നമ്മളുടെ ദിവസം പോയി നേരം വെളിച്ചായിട്ട് അവരെയാണ് നിങ്ങള് ശകുനം കാണുന്നതെന്ന് വെച്ചോളൂ അതിങ്ങനെ എന്തോ ബലി കൊടുത്ത പോലെ ഇരിക്കും അവരെ കണ്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്കത് കണ്ടേജിയസ് ആണ് അടുത്തുപോകരുത് ഈ കേസുകളുടെ അടുത്ത് ഈ വിഷാദം എന്ന് പറയണത് ഒരു രോഗാണത് അവർക്ക് അതിലാണ് അവരുടെ പേഴ്സണാലിറ്റി തന്നെ അതാണ് അത് നമ്മൾ ആ ആളുകളുടെ അടുത്തുനിന്ന് കിട്ടണം അതിനു വേണ്ടിയിട്ട് തന്റെ സു ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എന്ത് കഷ്ട ുദ്ധിമുട്ടാണ് അറിയുക എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കണ്ടിട്ട് ആളുകൾ അവരെ കണ്ട് കരയണം വിഷമിക്കണം അതിലാണ് അവർക്ക് സുഖം ഇനിയൊരു സുഖമുണ്ട് വിഷാദി നിങ്ങളതിന് ആ വിഷാദത്തിന് പരിഹാരം കൊടുത്താൽ അതൊന്നും അവർ കേൾക്കുകയേ ഇല്ല ഈ വിഷാദം ക്യാരക്ടറുള്ള ആളുകള് കലാകാലം അങ്ങനെ ഇരിക്കുവവര് നിങ്ങൾ അവരുടെ അടുത്ത് എന്ത് പറയൂ അവർ കേൾക്കുകയല്ല ദീർഘസൂത്രീച്ച് വിഷാദി അപ്രവൃത്തിശീലഹ സർവ്വതാ അവസന്ന സ്വഭാവ ദീർഘസൂത്രീ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നാളെ മറ്റന്നാളെ ചെയ്യാന്ന് പറയും ഇനി ഉണ്ടല്ലോ എത്ര ദിവസമുണ്ട് എന്ന് പറയും ദീർഘസൂത്രീച്ച് എന്നിട്ട് അവസാന സമയത്ത് ഭഗവാൻ ഇതിനൊന്ന് എന്തെങ്കിലും വിധത്തില് പരീക്ഷയില് പാസാക്കി വിടുവോ എന്നു വരും വിദ്യാപ്രകാശാനന്ദഗിരി സ്വാമി ദീർഘസൂത്രി ഇതൊക്കെ പറയുമ്പോൾ ഒരു പറയണു ഒരു പയ്യൻ പഠിച്ചില്ല അപ്പൊ പറഞ്ഞു നാളെ പഠിക്കാമല്ലോ വീട്ടിൽ ചീത്ത പറഞ്ഞ നാളെ പഠിക്കാം നാളെ പഠിക്കാമോ അവസാനം ഒന്നും നാളെ പരീക്ഷ ഒന്നും പഠിച്ചിട്ടില്ല രണ്ടു മൂന്ന് ചോദ്യം അറിയാം അത്രേ ഉള്ളൂ അപ്പൊ ഗണപതിയുടെ അടുത്ത് പോയി പറഞ്ഞു നൂറ്റിയൊന്ന് കൊഴക്കട്ട ഇങ്ങട് മോദകം ഇങ്ങട് നേർച്ച നേർന്നിട്ട് പറഞ്ഞു എന്നെ ഞാൻ പഠിച്ചിട്ടുള്ള മൂന്ന് കാര്യമുണ്ട് അത് അറിയാതെ ഇങ്ങനെയോ തലയിലൊക്കെ അറിയാം അതും ചോദ്യ പേപ്പറിൽ വന്നാൽ നൂറ്റിയൊന്ന് മോദകം അങ്ങോട്ട് നിയച്ചേക്കാം തീരുമാനിച്ചു അപ്പൊ പരീക്ഷയിൽ പോയി നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ മൂന്ന് ചോദ്യം ഉണ്ട് അതങ്ങട് എഴുതി പാസ്സാവാൻ വേണ്ട മാർക്കായി ബാക്കിയുള്ളതൊന്നും അയാൾക്ക് വായിക്കാനേ പറ്റില്ല അപ്പൊ അയാൾ ഇനിയിപ്പവിടെ ഇരിക്കണം പരീക്ഷ ഇത്ര സമയം കഴിയാതെ എണീറ്റി പോകാൻ വയ്യ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറുടെ പുറകില് നോക്കി കുഴക്കെട്ടുണ്ടാക്കാൻ എന്തൊക്കെ വേണം ഒക്കെ എഴുതി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പുറകില് അരി വെള്ളം അത് എന്തൊക്കെയാ വേണ്ടത് ഒക്കെ എഴുതി ഇത്ര ഇപ്പൊ ഇപ്പൊ നൂറ്റിയൊന്ന് കുഴക്കെട്ടണപതിന്നോ അതൊന്നും വേണ്ട അമ്പത് മതി എന്നായി അത് വെട്ടി അത് കഴിഞ്ഞ അമ്പത് കൊഴക്കെട്ടയുടെ കണക്ക് എഴുതി ഇതിനിപ്പോ പൈസക്ക് ഞാൻ എവിടെ പോകും ഒരു ഇരുപത്തിയഞ്ച് മതി അങ്ങനെ വെട്ടി വെട്ടി വെട്ടി അവസാനം ഇപ്പൊ കൊഴക്കെട്ടൊന്നും വേണമെന്നില്ലല്ലോ വാഴപ്പഴം മതിയല്ലോ അങ്ങനെ വാഴപ്പഴം ചന്ദനത്തിരി കർപ്പൂരം എഴുതി അത് കഴിഞ്ഞിട്ട് അവസാനാവുമ്പോ പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ ഗണപതി ചോദിച്ചു ഭക്തി മാത്രം മതി അത് അടുത്ത ആഴ്ച ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മടക്കി കൊടുത്തിട്ട് പോയി വീട്ടിൽ പോയി അച്ഛൻ ചോദിച്ചു പരീക്ഷ ഇങ്ങനെ വെട്ടുപ്പായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ തരൂന്നു നോക്കുമ്പോണ്ട് ആൻസർ പേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ആ ലിസ്റ്റ് മുഴുവൻ എഴുതിയിട്ട് അവിടെ കൊടുത്തിട്ട് ഈ ദീർഘസൂത്രയുടെ കാര്യം അവസാനം എങ്ങനെയാ തമോ ഗുണത്തിന്റെ കാര്യം എങ്ങനെയാണോ അത് ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യും ഏതോ വിധത്തിലൊരു കാര്യം ഒപ്പിച്ചെടുക്കും അയാളുടെ കാര്യമൊക്കെ അവസാനം ഇങ്ങനെ ചെന്ന് അവസാനിക്കും ദീർഘസൂത്രീറ്റ് കർത്താ താമസ ഉച്ച ശങ്കരാചാര്യ തന്നെ പറഞ്ഞു ദീർഘപ്രസാരണോ യത് അദ്ദേഹ്യം തദ് മാസേന അപ്പം ഇന്ന കരോത്തി ോ നാളെയോ ചെയ്യേണ്ട കാര്യം ഒരു മാസം കഴിഞ്ഞാലും ഇല്ലേ ദീർഘസൂത്രികളെ നമ്മളുടെ ഗവൺമെന്റ് ഓഫീസിൽ കാണും അല്ലേ എടുത്തു പോയി ഒരു കാര്യം നടത്തുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു പോകും ഒരു കാര്യം സാധിച്ചെടുക്കണെങ്കില് അവര് ആ പിന്നെ നാളെ ഇപ്പൊ സമയമില്ല ഇപ്പൊ ഒരുപാട് തിരക്കാണ് എന്നൊക്കെ പറയും വിഷാദീ ദീർഘസൂത്രീ ർത്താമസ്യത്തെ അങ്ങനെയുള്ള കർത്താവിനെ താമസ എന്ന് പറഞ്ഞു ഭഗവാൻ ഇനിയിപ്പോ നോക്കൂ അടുത്ത ശ്ലോകം ധൃതി ഈ രണ്ടു കാര്യവും പറയണം ബുദ്ധേർഭേദം ഗുണതാ ത്രിവിധം ശൃണു പ്രോച്യമാനവശേഷേണ് ഹേ ഞയ ബുദ്ധി ധൃതി അതായത് ഇച്ഛാശക്തി ഇതും സത്വഗുണം രജോ ഗുണം തമോ ഗുണം കൊണ്ട് മൂന്നു അതും കണ്ടുകൊള്ളുക ഹേ അർജുന എന്ന് പറഞ്ഞു